സത്യവിശ്വാസം വിശ്വസിക്കുകയും ഹിജറ പോവുകയും അള്ളാഹു സുബാനഹുവ ചായലായുടെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്തും ജീവിതവും നൽകി പരിശ്രമിക്കുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകി സഹായിക്കുകയും ചെയ്തവരും പരസ്പരം സഹായിക്കുന്നവരാകുന്നു എന്നാൽ വിശ്വസിക്കുകയും ഹിജിറ പോകാതിരിക്കുകയും ചെയ്തവരുടെ കാര്യത്തിൽ അവർ ഹിജറ പോകുന്നതുവരെ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല എന്നാൽ മതപരമായ കാര്യങ്ങളിൽ അവർ നിങ്ങളോട് സഹായം തേടിയാൽ നിങ്ങൾ അവരെ സഹായിക്കൽ നിർബന്ധമാണ് എന്നാൽ നിങ്ങളും അവർക്കുമിടയിൽ കരാറുള്ള ഒരു ജനതയ്ക്കെതിരെ അല്ലെങ്കിൽ ننجل تشيئننا كاري غلاليام الله سبحانه وتعالى كانننا وناغنن